അള്ളാഹുവാണ് സത്യം നിങ്ങൾക്കു മുമ്പുള്ള സമുദായങ്ങളിലേക്കും ഞങ്ങൾ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് എന്നാൽ പിശാജ് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് ഭംഗിയുള്ളതായി തോന്നിപ്പിച്ചു അതിനാൽ ഇന്ന് അവൻ അവരുടെ രക്ഷാകർത്താവാണ് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്